ഏതൊരാളാണോ ഒരു നീചമായ കാര്യം ചെയ്താലോ അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിന് ദ്രോഹം വരുത്തിയാലോ അല്ലാഹുവിനെ ഓർക്കുകയും തങ്ങളുടെ പാപങ്ങൾക്ക് പാപമോചനം തേടുകയും ചെയ്യുന്നത് അല്ലാഹു സുബഹാനഹു വറ്റാലയല്ലാതെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനാരുണ്ട് അവർ ചെയ്ത കാര്യങ്ങളിൽ അറിവോടെ തന്നെ ഉറച്ചു നിൽക്കാത്തവരുമാകുന്നു അവർ